ാമത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളൊരു കാര്യമാണ് കേട്ടുകൊണ്ടിരുന്നത് വഴി വഴി എന്താ ഈ വഴി അതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് കേട്ടുകൊണ്ടിരുന്നത് ആദ്യം ബൈബിളിൽ ആദ്യമായിട്ട് വഴിയെക്കുറിച്ച് വഴി എന്നൊരു വാക്ക് വരുന്ന ആ ഭാഗം നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു ജീവൻ്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് കെരൂവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി വഴിയെന്നുള്ള വാക്ക് ബൈബിളിൽ ആദ്യമായിട്ടാണ് ഭാഗം ഇവിടെയാണല്ലോ നമ്മളെ കാണുന്നത് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് അവൻ്റേതായ വഴി അതിനു ദൈവം ദൈവത്തിൻ്റെ മാർഗം അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തെറ്റിപ്പോയ മനുഷ്യൻ അവൻ കണ്ടുപിടിച്ച ഒരു ബദൽ സംവിധാനമാണ് വഴിയെന്നെല്ലാം നമ്മൾ കേട്ടു ആട്ടെ നമുക്ക് ഈ ഈ കാര്യത്തിലേക്ക് വരാം നമ്മളിവിടെ വായിച്ചത് അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു മനുഷ്യനെ അവൻ തെറ്റി പോയ ആ മനുഷ്യനെ അവൻ ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴിയിലേക്ക് വരുമ്പോൾ അവൻ വന്ന് അതിയുടെ ഭക്ഷിച്ച് അങ്ങനെ ആകാതിരിപ്പാൻ വേണ്ടി ദൈവം അവിടെ ആ മനുഷ്യനെ ഇറക്കി കളഞ്ഞ ജീവൻ്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ കെരുവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി എന്താ ഈ ഈ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ എന്താണ് ഇതൊക്കെ അർത്ഥമാക്കുന്നത് എന്താ ഇതിൻ്റെ ആന്തരികമായ അർത്ഥം നമുക്കിതുമായിട്ടൊക്കെ എന്താ ബന്ധം ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദൈവം എന്തു ചെയ്തു കുഞ്ഞുങ്ങൾക്ക് വരെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് ദൈവം ഏതെൻ തോട്ടത്തിൽ അതിൻ്റെ നടുക്ക് രണ്ട് വൃക്ഷങ്ങൾ ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെ വൃക്ഷവും രണ്ട് വൃക്ഷങ്ങൾ ദൈവം തോട്ടത്തിൻ്റെ നടുവില് നിർത്തി എന്നിട്ട് ദൈവം എന്താ പറഞ്ഞത് നമ്മൾ നോക്കുക രണ്ടാമധ്യായം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിൽ തന്നെ അതിൻ്റെ ഒൻപതാമത്തെ വാക്യം കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവിയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു തോട്ടത്തിൻ്റെ നടുവിൽ രണ്ട് വൃക്ഷങ്ങൾ എന്നാൽ ദൈവം എന്താ പറഞ്ഞിട്ടുള്ളത് ദൈവം അതിന് ഒരു കാര്യത്തിന് മാത്രമാണ് ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നത് അതിൻ്റെ പതിനാറാമത്തെ വാക്യം രണ്ടിൻ്റെ പതിനാറ് യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ തോട്ടത്തിൻ്റെ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നുക സകല വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടം പോലെ തിന്മ എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അപ്പോൾ കാര്യങ്ങൾ വളരെ ലളിതമാണ് ശ്രദ്ധിക്കണേ അതായത് ദൈവം കുറേ വൃക്ഷങ്ങളും നല്ല ഫലങ്ങളും എല്ലാം ഉണ്ടാക്കി തോട്ടത്തിൻ്റെ നടുവിൽ പ്രത്യേകിച്ച് ജീവവൃക്ഷമെന്നൊരു വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷവും ഒക്കെ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി എന്നിട്ട് ദൈവം ഇതിൻ്റെ പതിനാറാമത്തെ വാക്യത്തെ മനുഷ്യനോട് കൽപ്പിച്ചത് എന്താ നിനക്ക് ഈ തോട്ടത്തിലെ സകേല വൃക്ഷങ്ങളുടെയും ഫലം ഫലം തിന്നാമെന്ന് മാത്രമല്ല ഇഷ്ടം പോലെ തിന്നാം ഇഷ്ടം പോലെ തിന്നാം ഇഷ്ടം പോലെ തിന്നാം എന്നാലും ഒരൊറ്റ കാര്യം എന്താ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് ഇത്രയും മാത്രമാണ് ദൈവം കൽപ്പിച്ചത് അപ്പോൾ ഒരു ചോദ്യം അപ്പോൾ കുഞ്ഞുങ്ങളോടാ ചോദ്യം അപ്പോൾ തോട്ടത്തിൻ്റെ നടുവിൽ രണ്ട് വൃക്ഷം നിൽപ്പുണ്ടല്ലോ ജീവവൃക്ഷമുണ്ട് നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷവും നി ജീവവൃക്ഷത്തിൽ നിന്നും മനുഷ്യന് തിന്നാമായിരുന്നു തിന്നരുതായിരുന്നു എന്തോ കേട്ടില്ല അതായത് ചോദ്യം വളരെ ലളിതമാണ് ഏ അതായത് ദൈവം ഒത്തിരി വൃക്ഷങ്ങൾ നട്ടു എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നിട്ട് ആകെപ്പാടെ മനുഷ്യനോട് പറഞ്ഞു നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ തിന്നരുത് അവിടെ വേറെ വൃക്ഷങ്ങൾ പലതുണ്ട് എന്നാൽ ഒരു വൃക്ഷത്തിൻ്റെ ഒരു പേര് പ്രത്യേകം പറയുന്നുണ്ട് ജീവവൃക്ഷം ദൈവം വിലക്കിയത് നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് തിന്നരുത് എന്ന് പറഞ്ഞു അപ്പോൾ മനുഷ്യൻ ആ കൽപ്പന പാലിച്ചുകൊണ്ട് അവന് ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കാമായിരുന്നു ഏ ആരും പറഞ്ഞില്ലെങ്കിൽ ക്രിസ്മാസ്റ്റർ തന്നെ മറുപടി പറയുകയും പോയിൻ്റെ ക്രിസ്മാസ്റ്റർ കിട്ടുകയും ചെയ്യും ഭക്ഷിക്കാമായിരുന്നു എന്ന് തന്നെ അല്ല ദൈവം ഒരു പ്രത്യേക നിലയിൽ അവരോട് ആവശ്യപ്പെടുന്നത് എന്താ നിങ്ങൾ ജീവവൃക്ഷത്തിലേക്ക് വരണം ജീവവൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആരെ ആ പ്രതിനിധാനം ചെയ്യുന്നത് ദൈവത്തെ തന്നെ പ്രതിദാനം ചെയ്യുന്നതാണ് ജീവവൃക്ഷം ജീവൻ്റെ ആ മാർഗം ആ വഴി ആ ജീവവൃക്ഷം അതിലേക്ക് മനുഷ്യൻ വരണമെന്നായിരുന്നു ദൈവത്തിൻ്റെ താൽപ്പര്യം പക്ഷേ മനുഷ്യൻ തന്നെ അത് ചൂസ് ചെയ്യണമായിരുന്നു അത് അവൻ തന്നെ തിരഞ്ഞെടുത്ത് ദൈവത്തിങ്കിലേക്ക് വരണമായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു ദൈവം അതാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഇങ്ങനെ വ വച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹൗവായിക്കും ഈ കാര്യം വളരെ വ്യക്തമായിരുന്നു അതിൻ്റെ മൂന്നാം മൂന്നാമധ്യായം മൂന്നാമത്തെ വാക്യം അതിൻ്റെ നന്മതിന്മകളെക്കുറിച്ചുള്ള നടുവിലുള്ള ആ വൃക്ഷം അതുമാത്രമേ തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് അത് തൊടുകയും വരുതെന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്നാലും അതിനെക്കുറിച്ച് മാത്രമേ വില കാര്യം അവൾക്കും അറിയാമായിരുന്നു എങ്കിലും ആദമുഹവയും എന്തു ചെയ്തില്ല ജീവവൃക്ഷത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചില്ല അവർ ഭക്ഷിച്ചില്ല അവർ അവരതിൽ നിന്ന് അകന്നു നിന്നു അകന്നു നിന്നു അവ പിന്നീട് സംഭവിച്ച കാര്യം നമുക്കറിയാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അവർ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം സാത്താൻ്റെ പ്രലോഭനത്തിനനുസരിച്ച് അവരെ ഭക്ഷിച്ചു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു ദൈവം ഇനി ഇവര് ആഹാ തെറ്റിപ്പോയ ഈ ആളുകൾ അവരിനിയും ഈ ജീവവൃക്ഷത്തിലേക്ക് വന്ന് അതിൻ്റെ ഫലം തിന്നണമെങ്കിൽ അതിനു മുമ്പ് എന്താ സംഭവിക്കണം അവരുടെ മേൽ ഒരു വാള് വീഴണം കണ്ടോ ഇരുപത്തിനാലാമത്തെ വാക്യം മൂന്നിൻ്റെ ഇരുപത്തിനാല് ആ വഴിയിൽ ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ കെരൂപുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി ആദമനുഹവയ്ക്കും അവർക്കൊരു തോന്നൽ ഉണ്ടായിരുന്നിരിക്കട്ടെ ഞങ്ങൾക്ക് ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കണം ഞങ്ങളുടെ അത് നേരത്തെ കഴിക്കേണ്ടതായിരുന്നു കഴിക്കാൻ പറ്റിയില്ല ദൈവം അത് ഉദ്ദേശിച്ചായിരുന്നു ഞങ്ങളത് കഴിച്ചില്ല ഞങ്ങൾ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലമാണ് ആ സാത്താം പറഞ്ഞത് കേട്ട് ഞങ്ങൾ ചതിക്കപ്പെട്ട് തിന്നുപോയത് അതുകൊണ്ട് ഇനി ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കണം എന്നവർക്കൊരു തോന്നലുണ്ടെങ്കിൽ അവരതിനായിട്ട് തയ്യാറായാൽ എന്തോ സംഭവിക്കും ആദ്യം അവരുടെ സ്വാഭാവിക ജീവൻ്റെ മേൽ ഒരു വാള് വീഴും ആ വാളിനടിയിൽ കൂടെ മാത്രമേ അവർക്ക് ഏതിലേക്കിനി പ്രവേശനമുള്ളൂ ജീവൻ്റെ വൃക്ഷത്തിലേക്ക് അവർക്ക് പ്രവേശനമുള്ളൂ പ്രിയപ്പെട്ടവരെ പാപം ചെയ്തു പോയ മനുഷ്യന് പിന്നെ ദൈവത്തെങ്കിലേക്ക് വരണമെങ്കിൽ എന്ത് എന്തേ മാർഗ്ഗമുള്ളൂ ഒരു ന്യായവിധിയുടെ വാൾ വീണ് കഴിഞ്ഞാലേ അവന് പിന്നെ ജീവൻ്റെ വൃക്ഷത്തിലേക്ക് ആ വഴിയിലേക്ക് അവന് പ്രവേശനമുള്ളൂ ഇതാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് ആട്ടെ നമുക്കിവിടെ തന്നെ നിന്നുകൊണ്ട് നോക്കാം ഈ വാള് കാല തികവിങ്കിൽ ആരുടെ മേൽ വീണു കർത്താവിൻ്റെ മേൽ തന്നെ വീണു നോക്കാം ദൈവ സ്നേഹത്തെ ഓർക്കുക ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പാപിയായിപ്പോയ ദൈവകൽപ്പന ലംഘിച്ച് പാപിയായിപ്പോയ മനുഷ്യൻ അവന് ദൈവത്തിങ്കിലേക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിങ്കിലേക്ക് വരണോ വരണമെങ്കിൽ ഒരു ന്യായവിധിയുടെ വാൾ വീഴണം ആ വാള് ഈ മനുഷ്യനെ കൊണ്ട് പറ്റുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം തന്നെ പുത്രൻ തമ്പുരാൻ വന്ന് ആ വാള് ഏറ്റെടുത്ത് അങ്ങനെ ജീവൻ്റെ ആ വഴിയിലേക്ക് ഒരു ജീവനുള്ള ഒരു പുതുവഴി താൻ തന്നെ തുറന്നു ഇതാണ് നമ്മൾ പറയുന്നതിൻ്റെ എല്ലാം ആകത്തുക ഇന്ന് നമുക്കെന്ത് ചെയ്യാം ഇന്ന് നമുക്ക് ആ വഴിയിലൂടെ കർത്താവ് താ തന്ന ആ വഴിയിലൂടെ ജീവവൃക്ഷമായ ദൈവത്തിങ്കിലേക്ക് തന്നെ വരികയും ഈ ജീവൻ ആവോളം പാന ചെയ്യുകയും കർത്താവിൻ്റെ ജീവൻ്റെ പങ്കാളിത്തം സമൃദ്ധമായിട്ട് നമുക്ക് കയ്യാളാനായിട്ട് കഴിയും ഇതാണ് ഇതിൻ്റെ എല്ലാം ചുരുക്കം പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കുക ഇവിടെ ഈ ഈ നിലയിൽ തിരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വാളുമായിട്ട് അവിടെ നിർത്തി നമുക്ക് ഒരു വാക്യം ഈ ജീവവൃക്ഷത്തിൽ നിന്ന് ഏതായാലും അന്ന് തിന്നാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഏതെങ്കിലും തോട്ടത്തിന് എന്ത് പറ്റി ഏതൻ തോട്ടം ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ നമുക്കൊരു ഈ ഏതൻ തോട്ടത്തിൽ പോയി ജീവൻ്റെ വൃക്ഷം അവിടെ കാണുന്നിപ്പോൾ നോക്കാം എന്ന് നമുക്കൊന്ന് ഒന്ന് നമ്മൾ പോയാൽ എവിടെ കിട്ടും ഇത് ഇത് മിഡിൽ ഈസ്റ്റിലാണല്ലോ പശ്ചിമേഷ്യയിലാണ് അടുത്താണ് ഇസ്രായേലിനൊക്കെ ടൂറും ഒക്കെ ഉണ്ട് നമുക്ക് ആ ഭാഗത്തെങ്ങാണും പോയി അവിടേക്കൊന്ന് നടന്ന് ഈ ഏതൻ കണ്ടുപിടിക്കാൻ ഒക്കുമോ ഇതിനൊക്കെ എന്ത് സംഭവിച്ചു ആ വേദപണ്ഡിതന്മാർ പറയുന്നത് ഭൂമിയെ മുഴുവൻ മൂടുന്ന ഒരു ജലപ്രളയമുണ്ടായി അപ്പോൾ ഉണ്ടായി നോഹയുടെ കാലത്ത് ആ നിലയിലെ ജലപ്രളയം ഉണ്ടായി അതോടെ ഈ ഭൂമിയുടെ മധ്യഭാഗത്തുണ്ടായിരുന്ന ആ ഏതൻ തോട്ടം അത് അക്ഷരാർത്ഥത്തിൽ ഉണ്ടായിരുന്നിരിക്കുക അത് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി ചുരുക്കത്തിൽ നമുക്കിന്ന് എന്ത് ചെയ്യാൻ ഒക്കുകയില്ല ഈ ഏതൻ കണ്ടുപിടിച്ച് അവിടെ നിൽക്കുന്ന ജീവവൃക്ഷത്തിൽ അക്ഷരാർത്ഥത്തിൽ തിന്നാനായിട്ട് കഴിയുകയില്ല എന്നാൽ എന്തെങ്കിലും ഒരു സാധ്യത കിടപ്പുണ്ടോ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പം നമ്മളിതാ ഒരു സാധ്യത കാണുന്നു ബൈബിളിലെ ആദ്യത്തെ പുസ്തകങ്ങളിൽ നിന്നാണ് ആദ്യത്തെ അധ്യായങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് വന്നത് ജീവവൃക്ഷം അതിൽ നമ്മുടെ പൂർവ്വപിതാക്കൾക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല നമുക്കെങ്കിലും കഴിക്കാൻ ഒക്കുമോ എന്നൊക്കെയുള്ള ചിന്തയായി ഉടനെ അതിന് മറുപടി തേടി നമ്മൾ എവിടെയോട്ടാണ് വരുന്നത് വെളിപ്പാട് പുസ്തകം അതായത് ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം വെളിപ്പ വെളിപ്പാട് ഇരുപത്തിരണ്ട് അതിൻ്റെ രണ്ടാമത്തെ വാക്യം നോക്കുക നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട് കണ്ടോ നമ്മൾ പണ്ട് ഉൽപ്പത്തിയിൽ കണ്ട ആ ജീവവൃക്ഷം പിന്നെവിടാ പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ ഇത് ആ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലാ നമ്മൾ കാണുന്നത് അവിടെ ജീവവൃക്ഷമുണ്ട് നാലാമത്തെ വാക്യം നോക്കുക അവിടെ നമ്മളെ ഈ വൃക്ഷ അതിൻ്റെ മൂന്നാമത്തെ വാക്യം മുതൽ ഈ ജീവവൃക്ഷമുണ്ട് ഈ ജീവവൃക്ഷത്തിൻ്റെ ഇല ജാതികൾക്ക് രോഗശാന്തിക്ക് ഉതകുന്നു അത് പന്ത്രണ്ട് വിധ ഫലം കഴിച്ച് മാസം തോറും അതതിൻ്റെ ഫലം കൊടുക്കുന്നു ചുരുക്കത്തിൽ ജീവവൃക്ഷമെന്ന് പറയുന്നത് അവിടെയുണ്ട് നമുക്കതിൽ നിന്ന് ഭക്ഷിക്കാനായിട്ട് കഴിയും അതിൻ്റെ ഇരുപത്തിരണ്ടിൻ്റെ പതിനാലാമത്തെ വാക്യം ഇരുപത്തിരണ്ടിൻ്റെ പതിനാലിലും ജീവവൃക്ഷത്തെക്കുറിച്ച് പറയുന്നു ഞാൻ അൽഫയും ഒമേഖയും ഒന്നാമനും ഉടുക്കത്തവനും ആദ്യവും എന്തോ ആകുന്നു ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് കണ്ടോ അപ്പം നമ്മൾ ഈ ജീവവൃക്ഷത്തെ പിന്നെ എവിടെയാണ് കാണുന്നത് അത് ഓ അവസാനത്തിലേക്ക് വരുമ്പം പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്ന് ആ നിലയിലുള്ള അവിടെ നമുക്ക് ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാനായിട്ട് കഴിയും അവിടെ ജീവവൃക്ഷമുണ്ട് ജീവവൃക്ഷമുണ്ട് എന്നാൽ ഈ ജീവവൃക്ഷത്തെക്കുറിച്ച് വേറൊരു വേറൊരു വാക്യം വെളിപ്പാട് പുസ്തകത്തെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും വെളിപ്പാട് പുസ്തകം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും ജയിക്കുന്നവനെ ഞാനെന്തോ ചെയ്യും ദൈവത്തിൻ്റെ പർദീശയിലുള്ള ദൈവത്തിൻ്റെ പരദീശയിൽ ജീവവൃക്ഷമൊക്കെ ഉണ്ട് എന്ന് നമ്മളിപ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലും അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലുമൊക്കെ നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ പർദീസയിൽ ജീവവൃക്ഷമുണ്ട് ഇവിടെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് അവിടെ ഏഴാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഞാൻ എന്തോ ചെയ്യുമെന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് എല്ലാവർക്കും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്താ അല്ലേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു മനസ്സിലായ കാര്യങ്ങൾ എന്താണ് ജീവവൃക്ഷം ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യൻ ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കണമെന്നായിരുന്നു പക്ഷേ ആദമൂഹവയും ജീവവൃക്ഷത്തിൽ നിന്ന് കഴിച്ചില്ല കഴിക്കാതെ അവർ തെറ്റിപ്പോയി തെറ്റിപ്പോയപ്പോൾ ദൈവം പിന്നെ ആ ജീവവൃക്ഷത്തും ജീവവൃക്ഷം മാറ്റി അതിനി എവിടെ കാണുകയുള്ളൂ പറുതീസയിലേ കാണുള്ളൂ ആ പർതീസയെ നമ്മളെത്തുമ്പം നമുക്കവിടെ നിന്ന് ഇത് കഴിക്കാം ഇന്ന് ജയാളികളായിട്ട് നടക്കുന്ന ആളുകൾക്ക് പർതീസ ചെല്ലുമ്പോൾ എന്തോ കിട്ടും ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കാനായിട്ട് കഴിയും ഓക്കെ ഇങ്ങനൊരു തിയോളജി പറഞ്ഞ് രൂപപ്പെടുത്തുന്നതിന് നിങ്ങളെല്ലാവരും സമ്മതമുള്ളവരാണോ പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾ ദയവായിട്ട് എൻ്റെ കൂടെ വരണേ ഇതൊരു ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ നമ്മളിപ്പോൾ വായിച്ച വാക്യമില്ലേ അതിൻ്റെ രണ്ട് വെളിപ്പാട് രണ്ടിൻ്റെ ഏഴ് ഞാൻ ദൈവത്തിൻ്റെ പരതീക്ഷയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് പറയുന്നിടത്ത് ജീവവൃക്ഷം എന്നിടത്ത് അതിൻ്റെ മൂലഭാഷയിൽ അത് ഒരിടത്തൂടെയാണ് വേറൊരു ഭാഗത്തൂടെ ഈ വാക്ക് വരുന്നുണ്ട് വൃക്ഷം എന്നുള്ളതിന് മരം വുഡ് എന്നൊക്കെയുള്ള അതിൻ്റെ മൂല അർത്ഥത്തിൽ ബൈബിളിൽ വേറൊരു ഭാഗത്ത് ഇതേ വാക്ക് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും അത് ഒന്ന് പത്രോസ് രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യമാണ് ഇരുപത്തിനാലാമത്തെ വാക്യം ഞാൻ വായിക്കാം ഒന്ന് പത്രോസ് രണ്ടാമത്തെ ആയ ഇരുപത്തിനാല് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി ഇവിടെ നമ്മൾ കണ്ട ആ രണ്ടിൻ്റെ ഏഴിൽ കണ്ട വൃക്ഷം എന്നതിൻ്റെ ആ വാക്കാണ് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മയിൽ ആ മരത്തെ കയറിയ ആ മരത്തോടാണ് അതിനോട് ചേർത്താണ് രണ്ടാമധ്യായം ഏഴിലെ ജീവവൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ നമ്മളിനി നമ്മുടെ സാധാരണ ചിന്ത എന്താ നമ്മളിവിടെ നല്ല ജീവിതമൊക്കെ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ നമ്മളൊടുവിൽ സ്വർഗീയ പരദീശയിലെത്തും അന്ന് നമുക്ക് എന്തോ എന്തൊക്കെ കിട്ടും ജീവവൃക്ഷത്തിൽ നിന്നും ഒക്കെ നമുക്ക് കഴിക്കാം എന്നായിരുന്നു നമ്മൾ ഇത്രയും നേരം നമ്മുടെ തിയോളജി എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളെന്തോ കണ്ടു ജീവ പരദീശയിലുള്ള ജീവവൃക്ഷം എന്ന് പറയുന്ന ആ വാക്ക് ഒന്ന് പത്രോസിൽ നമ്മൾ കണ്ട ആ വാക്കിനോട് ചേർത്ത് ചിന്തിക്കുമ്പം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തിനാലിനോട് ചേർത്ത് ചിന്തിക്കുമ്പം അതെന്താണ് അത് ക്രൂശാണ് എന്ന് കാണാം നമ്മൾ പരദീസ ചെല്ലുമ്പോൾ ക്രൂശുണ്ടോ നമ്മൾ സ്വർഗത്തിൽ പരദീസ ചെല്ലുമ്പോൾ ക്രൂശുണ്ടോ ഇല്ല ഇല്ല അപ്പം ഞാൻ ജീവപരദീശയിൽ നിങ്ങൾക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലം പരദീശയിൽ ഭക്ഷിക്കാൻ തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നേ ഭക്ഷിക്കാൻ ഒക്കെയുള്ളൂ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ വാക്ക് കൃത്യത്തിന് എന്തിനെ കുറിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ കണ്ടത് ക്രൂശിനെ കുറിക്കുന്നെന്ന് കാണുമ്പോൾ നമുക്കവിടെ അല്ല അവിടെ ഭക്ഷിക്കുമായിരിക്കും അവിടെ അത് റിയലായ നിലയിൽ ഭക്ഷിക്കുമായിരിക്കും പക്ഷേ ആ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം നമ്മൾ ഇവിടെ വെച്ചേ നമുക്ക് ഭക്ഷിക്കാം എങ്ങനെ ഭക്ഷിക്കാൻ ഒക്കും ക്രൂശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭക്ഷിക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഇങ്ങനെ പറയാം പരദീസയിലുള്ള ആ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ ഒരു മുൻ ചി അതിൻ്റെ ഒരു മുൻ ചി ഫോർ ടൈസ്റ്റ് ഫോർ ടൈസ്റ്റ് എന്നുള്ളതിന് നമ്മൾ കണ്ടുപിടിച്ച ഒരു മലയാള വാക്കാണ് മുൻ ചുചി അല്ലാതെ ഈ സെക്കുലർ ലോകത്ത് മുൻ രുചി എന്നൊരു വാക്കില്ല ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞാണ് നമ്മളെ ഉണ്ടാക്കിയ ഒരു വാക്കാണ് ഫോർ ടൈസ്റ്റ് മുൻ മുൻ ൻചി നമുക്കെവിടെ കിട്ടും ഇന്ന് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ക്രൂശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്തിൻ്റെ പങ്കാളിത്തമാണ് അനുഭവിക്കുന്നത് ഈ ഒരിക്കൽ ആദമനുഹവക്യം കിട്ടാതെ പോയ ആ ജീവവൃക്ഷത്തിലെ ഫലത്തിൻ്റെ പങ്കാളിത്തമാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത് ഈ മുൻ രുചിയുള്ള ആളുകൾക്ക് അവസാനം പർദീസേ ചെല്ലുമ്പോൾ എന്തോ കിട്ടും അതൊരു അക്ഷരാർത്ഥത്തിൽ ഈ ജീവവൃക്ഷത്തിൽ നിന്നുള്ള ഫലം ഭക്ഷിക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവര് നമുക്ക് നമുക്ക് വളരെ വേഗത്തിൽ ഇപ്പോൾ നമ്മളേതായാലും ഇവിടെ വന്നുപെട്ടു ഇതൊന്ന് നോക്കാം നമ്മളിവിടെ എഫ് എസോസിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോഴാണ് ഇവിടെ പറയുന്നത് ഞാൻ എന്തോ ചെയ്യും ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് പറഞ്ഞ് ആ സന്ദേശം എഫ് എസോസിലെ സഭയ്ക്കുള്ള സന്ദേശം അവസാനിപ്പിക്കുന്നു ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം അത് തിന്നാൻ കൊടുക്കും ഒരിക്കൽ പരദീസ ചെല്ലുമ്പോൾ കിട്ടും അതിൻ്റെ ഒരു മുൻ ശുചി നമുക്കിന്ന് ക്രൂശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകും എന്നെല്ലാം നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കീ ക്രൂസ് അതിനെ അല്പം കൂടെ വിശദമായിട്ട് നമുക്ക് നോക്കാം അവിടെ എഫേസോസിലെ സഭയോട് ഇതാ ദൈവം പറയുന്നു അവരോട് അവരെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഒക്കെ ഞാൻ അറിയുന്നു മൂന്നാമത്തെ വാക്യം വരെ കണ്ടോ സഭയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം അവരുടെ പ്ലസ് പോയിന്റ് എല്ലാം ആ പറയുന്നത് നീ എന്താ നീ കള്ളയപ്പൂസ്തലന്മാരെ പരീക്ഷിച്ച് അവരെ കള്ളന്മാരെ നിന്ന് കണ്ടു കൊള്ളാം കൊള്ളാം അത് നന്നായിരിക്കുന്നു നിനക്ക് സഹിഷ്ണുതയുണ്ട് കൊള്ളാം കൊള്ളാം ഗുഡ് എൻ്റെ നാമം നിന്നത്തെ സഹിച്ച് അതും കൊള്ളാം തളർന്നു പോയി പോകാതിരുന്നു അതും കൊള്ളാം എല്ലാം ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് ആദ്യം അവരെ അഭിനന്ദിക്കുന്നു അഭിനന്ദിച്ചിട്ട് ഒരൊറ്റ കാര്യമാണ് പറയുന്നു എന്താ പറയുന്നത് എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക അല്ല ഞാൻ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുമ്പം ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്ന് നീ പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ നമുക്ക് ശരിക്ക് ഇന്ന് ഈ ക്രൂശിനോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊരു സൂചന നമുക്കിവിടെ കിട്ടുന്നുണ്ട് കർത്താവിനോടുള്ള നമ്മുടെ ആദ്യ സ്നേഹം അത് പോയിപ്പോയാൽ ഈ ക്രൂശിനെ വേണ്ട അളവിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് സഹിപ്പാനായിട്ടും അങ്ങനെ ജീവവൃക്ഷത്തിൻ്റെ ഫലം അതിൻ്റെ ഒരു മുൻ രുചി അറിയാനായിട്ട് നമുക്ക് കഴിയാതെ പോകും നമ്മളിത് വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും ഇവിടെ ആദ്യ സ്നേഹം പോയെന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമാണ് ആദ്യ സ്നേഹം പോയി അത് ഇത്ര വലിയ കാര്യമാണ് ഏഹ് എന്നിട്ട് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരൊറ്റ കുറ്റമേ പറയാനുള്ളൂ എന്നിട്ട് അതിനെ പറഞ്ഞേക്കുന്നത് എന്താണ് ആദ്യ സ്നേഹം ഇച്ചിരി പോയി അതിനെക്കുറിച്ച് പറഞ്ഞ് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു അതിനെ ഭയങ്കര ഒരു വീഴ്ചയായിട്ട് ദൈവം ചിത്രീകരിക്കുന്നു ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നിട്ട് മാനസാന്തരപ്പെട്ടോണം മാനസാന്തരപ്പെടേണ്ട വലിയ തെറ്റായിട്ടാണ് ആദ്യ സ്നേഹം പോയതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് അഥവാ നീ അങ്ങനെ മാനസാന്തരപ്പെട്ട് ഈ ആദ്യ സ്നേഹത്തിലേക്ക് വന്നില്ലെങ്കിലോ നിന്റെ നിലവിളക്ക് നിൻ്റെ സാക്ഷ്യമെടുത്ത് മാറ്റിക്കളയും ഒരു കൊച്ചു തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ വേണോ നമ്മൾ ചിന്തിച്ചു പോകുകയില്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ആകെപ്പാടെ ഈ എഫ് എ സോസിലെ സഭയോട് ഒരു ഒരു കാര്യമേ പറയാനുള്ളൂ ഒരു റിമാർക്കേ പറയാനുള്ളൂ നിൻ്റെ ആദ്യ സ്നേഹം പോയി അത്രയല്ലേ ഉള്ളൂ അതിന് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള ശിക്ഷ ശിക്ഷകൾ എന്തൊക്കെയാണ് നീ വീണുപോയി നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു നീ വീണു പോയെന്ന് പറയുന്നു രണ്ട് നിൻ്റെ ആദ്യ സ്നേഹം പോയത് മാനസാന്തരപ്പെടേണ്ട ഒരു വലിയ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് പറഞ്ഞിരിക്കുന്നു നിൻ്റെ നീ അങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ നിൻ്റെ നിലവിളക്ക് മാറ്റിക്കളയും അപ്പോൾ ദൈവം ആദ്യ സ്നേഹത്തെ എത്ര എത്ര ഗംഭീരമായിട്ടാണ് എത്ര പ്രധാനപ്പെട്ടതായിട്ടാണ് കാണുന്നത് എന്ന് നോക്കുക ആദ്യ സ്നേഹം അത്ര പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എങ്ങനെ ഇരിക്കുന്നു കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കുന്നത് നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മൂലഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊന്നും നമുക്കറിഞ്ഞൂടാ നമുക്കാകെ പാടെ കുറച്ച് കാര്യമേ അറിയുള്ളൂ ഏഹ് ഞാനൊരു പാപിയായിരുന്നു കർത്താവിനെ രക്ഷിച്ചു ഇപ്പോൾ ഒരു സമാധാനമുണ്ട് ദൈവം എനിക്കായിട്ട് വേണ്ടത് ഇങ്ങനെയൊക്കെ വളരെ ഒരു സിമ്പിളായിരുന്നു നമ്മുടെ വിശ്വാസം ദൈവത്തോടുള്ള സ്നേഹവും ഒരു ലളിതമായ ഒരു സ്നേഹമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു മുപ്പത് വർഷം കഴിഞ്ഞു ഇപ്പോൾ എന്താ ഇപ്പം നമുക്ക് ഒത്തിരി ഒത്തിരി വാക്യം അറിയാം എൻ്റെ ഭാഷയെ പറഞ്ഞാൽ മൂലഭാഷയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാനറിയാം ഒത്തിരി കാര്യങ്ങളെല്ലാം അറിയാം ഒത്തിരി കാര്യങ്ങൾ അറിയുന്നതിൽ തെറ്റില്ല പക്ഷേ നീ ഞാനും ശോധന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ആദ്യത്തെ ആ സ്നേഹം ആ സിമ്പിൾ പ്യുവർ ഡിവോഷൻ അതുണ്ടോ അത് പോയോ അത് പോയെങ്കിൽ എന്തില്ല ഈ ജീവവൃക്ഷത്തിൽ നിന്ന് ഫലത്തിൽ നിന്ന് നമുക്കിപ്പം ഭക്ഷിക്കാനായിട്ട് കഴിയുകയില്ല അതൊരു വലിയൊരു കാര്യമല്ലേ ദൈവം ഈ ആദ്യ സ്നേഹത്തെ എത്ര ഗൗരവമായിട്ട് കാണുന്നു ഈ നിലയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ ഇതിന് ഈ ജീവവൃക്ഷത്തിനും അല്ലെങ്കിൽ അവിടെ തിരിയുന്ന വാളുമായിട്ട് ഒരാളെ നിർത്തിയതിനും ഒക്കെയുള്ള നമുക്കുള്ള പ്രസക്തി നമുക്ക് കണ്ടെത്താൻ കഴിയും ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യമെന്താ നമുക്ക് പറയാം ദയവേ എനിക്ക് നിന്നോടുള്ള ഒരു ലളിതമായ സ്നേഹത്തിൽ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ക്രൂശെടുത്ത് നടക്കുന്നതാണ് അങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ മുൻ രുചി ഇപ്പം കിട്ടും പരദീശ ചെല്ലുമ്പം അക്ഷരാർത്ഥത്തിലും അത് കിട്ടും അന്നേരം ഞാൻ ആദമും അന്ന് അവിടെ ആദമുഖമൊക്കെ ഉണ്ടോ എനിക്കറിഞ്ഞൂടാ എൻ്റെ തിയോളജിയൊന്നും പറഞ്ഞുകൂട നമ്മളെന്തോട് പറയും കണ്ടോ കണ്ടോ നിനക്കൊക്കെ കിട്ടാതെ പോയത് എനിക്ക് കിട്ടി എങ്ങനെയാണ് കർത്താവ് ഈ തിരിയുന്ന വാൾ വന്ന് വീഴാൻ കർത്താവ് കാല തിയെങ്കിൽ വന്ന് ക്രൂശില് മരിച്ചൊരു വഴി തുറന്നു ഞാൻ ആ വഴിയെ തന്നെ ക്രൂശിൻ്റെ വഴിയെ തന്നെ പോവുകയും കർത്താവിനോടുള്ള ആദ്യ സ്നേഹത്തിൽ സിമ്പിൾ പ്യൂർ ഡിവോഷനിൽ ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ ഇടയിലും ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ ഈ പർദീസ വന്നപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ വീണ്ടും കഴിക്കുകയും ചെയ്യുന്നു കണ്ടോ നിങ്ങൾക്ക് കിട്ടാതെ എനിക്ക് ദൈവകൃപയാൽ ലഭിച്ചു എന്ന് നമുക്ക് അവരോടൊക്കെ പറയാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഞാൻ പ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വഴിയെക്കുറിച്ചുള്ള ആദ്യത്തെ വാ വാക്യത്തിൽ നിന്നാണ് നമ്മളിതിലേക്കെല്ലാം വന്നത് ഈ വഴിയിലൂടെ നടക്കുന്നത് ക്രൂശിൻ്റെ വഴിയിലൂടെ നടക്കുന്നതാണ് ഈ ക്രൂശിൻ്റെ വഴിയിലൂടെ നടക്കണമെങ്കിൽ വെറുതെ ഒരു നിയമം പോലെ നടന്നാൽ പോരാ സ്നേഹത്തിൽ നടക്കണം കർത്താവിനോടുള്ള സ്നേഹത്തിൽ നടക്കണം അങ്ങനെ നടക്കുമ്പം നമുക്കെന്തോ പറ്റും എന്ത് കഴിയും നമുക്ക് നമ്മുടെ ഇഷ്ടത്തെ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ എളുപ്പമായിത്തീരും മധുരമായിത്തീരും നമ്മൾ ഈ അമ്മമാരെയൊക്കെ കണ്ടിട്ടുണ്ടോ അമ്മമാർ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെയുള്ള അമ്മമാർ ഈ എന്തൊരു പാടാണ് അവരുടെ ജീവിതം ഒന്ന് കിടന്നുറങ്ങാനൊക്കും ഒരു കുഞ്ഞ് അതിലേ കയറി വരുന്നു മറ്റേ കുഞ്ഞ് ഇതിലേ വരുന്നു വലിയ കഴിക്കാൻ അവ അതിലേ വരുന്നു ഇതിലേ വരുന്നു ഒന്ന് ഒരു രക്ഷയില്ല പക്ഷേ ഈ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ അമ്മയ്ക്ക് ഏതാണ്ടോ വലിയ കഷ്ടപ്പാട് ചെയ്യുന്നതായിട്ടല്ല സന്തോഷമായിട്ടാണ് സന്തോഷമായിട്ട് ഈ കുഞ്ഞിൻ്റെ ഈ നിലയിലുള്ള ശാഠ്യങ്ങൾക്കെല്ലാം അവൾ വഴങ്ങിക്കൊടുക്കുന്നത് എങ്ങനെയാണ് സന്തോഷമായിട്ടാണ് എങ്ങനാണ് സന്തോഷമുണ്ടാകുന്നു സ്നേഹം സ്നേഹം സ്നേഹം അമ്മയ്ക്കെന്തുണ്ട് കുഞ്ഞിനോട് സ്നേഹമുണ്ട് ആ സ്നേഹത്തിൽ കുഞ്ഞിനു വേണ്ടി എത്ര കഷ്ടപ്പാട് സഹിക്കാനും ഒരു മടിയില്ല മടിയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെച്ച് ദൈവേഷ്ടം ചെയ്യുന്നത് എപ്പോഴും എന്താണ് ഒരു കഷ്ടപ്പാടാണ് ഒരു പ്രയാസമുള്ള കാര്യം പക്ഷേ ആ കഷ്ടപ്പാടും പ്രയാസവും അറിയാതിരിക്കണമെങ്കിൽ അതിനൊരു മറു മരുന്നുണ്ട് അതെന്താ സ്നേഹം എന്ന് പറഞ്ഞൊരു മറുമരുന്ന് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആദ്യ സ്നേഹം വിട്ടുകളയരുത് ആദ്യ സ്നേഹം വിട്ടാൽ നിനക്കെന്ത് പറ്റിയില്ല നിനക്ക് ഈ ക്രൂശി ചുമക്കാൻ എളുപ്പമാവുകയില്ല നിനക്ക് ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമായി തീരും നമ്മൾ ഈ സ്നേഹം സ്നേഹമാണ് ക്രൂശി ചുമക്കുന്നതിനെ എളുപ്പമാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ സി അവരുടെ പ്രിയപ്പെട്ട വാക്യം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞ് മുദ്ര കുത്തുന്ന വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട് റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട് റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ടിൽ കണ്ടോ നമ്മളെന്തോ വേണം എട്ടും ഇരുപത്തൊമ്പതും കൂടെ ചേർത്താൽ നമ്മൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതും കൂടെ ചേർത്താൽ നമ്മളെന്തോ വേണം ദൈവം നമ്മളെ മുൻനിർണ്ണയിച്ചിരിക്കുന്നു നമ്മളെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും എന്നിട്ട് പുത്രൻ്റെ സ്വരൂപത്തോട് യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നമ്മളെ മുൻനിമിച്ചിരിക്കും പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ എന്താ പുത്രം ചെയ്തതൊക്കെ പുത്രം ചെയ്തതൊക്കെ നമ്മളും ചെയ്യുക ഫിലിപ്പിർക്കെഴുതിയ ലേഖനത്തിൽ നമ്മളൊരു വാക്യം കാണുന്നുണ്ടല്ലോ ഫിലിപ്പിർക്കെഴുതിയ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ക്രിസ്തുവൈശുവിൽ ഉള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അല്ലെങ്കിൽ ആദ്യ ജാതൻ്റെ സ്വരൂപം തന്നെ നമ്മിലും ഉണ്ടായിരിക്കട്ടെ ഇതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ അല്ലെങ്കിൽ ആദ്യ ജാതൻ്റെ അതേ സ്വരൂപം ഈ ആദ്യ അതേ സ്വരൂപം വരണമെങ്കിൽ നമ്മളെന്തോ വേണം ഓരോ രംഗത്തും കർത്താവ് പെരുമാറിയതുപോലെ പെരുമാറണം കർത്താവും ഈ ഭൂമി വന്ന് നമ്മളെപ്പോലെ തന്നെ ജീവിച്ചു കർത്താവിനും എന്തുണ്ടായിരുന്നു കർത്താവിന് നിന്നെയും പരിഹാസവും ഉണ്ടായിരുന്നു കർത്താവ് എന്തോ ചെയ്തു കർത്താവ് അത് സന്തോഷത്തോടെ സഹിച്ചു നമുക്ക് ഇന്ന് കർത്താവിനെപ്പോലെ ആകണമെന്നുണ്ടെങ്കിൽ ഈ ആദ്യ ജാതൻ്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തോ വേണം നിന്നെയും പരിഹാസവും സന്തോഷത്തോടെ സഹിക്കണം വലിയ പാടാ വലിയ പാടാണ് സ എങ്ങനെങ്കിലും കടിച്ചു പിടിച്ചങ്ങ് സഹിച്ചാലും മതിയോ സന്തോഷത്തോടോ സഹിക്കണം കർത്താവ് സഹിച്ച പോലെ അവൻ്റെ സ്വരൂപത്തോടനു രൂപപ്പെടാനും അവൻ്റെ അതേ ഭാവം തന്നെ ഉണ്ടാകാനുമാണല്ലോ നമ്മളെ കളിപ്പിച്ച ഒരാളെ ബസേ വെച്ച് കാണുക നമ്മളോട് നേരത്തെ തട്ടിക്കയറിയ ഒരാളെ വീണ്ടും ആൾ വേറൊരാവശ്യത്തിനായിട്ട് നമ്മുടെ വീട്ടിൽ വരിക ഇവിടൊക്കെ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടു പോകുന്നത് എളുപ്പമുള്ള പരിപാടിയാണോ അല്ല അല്ല അല്ല അല്ല അതാ സത്യം പക്ഷേ നമ്മളോട് പറഞ്ഞേക്കുന്നു അങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞേക്കുന്നു ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എന്തുള്ളത് ക്രൂശെന്ന് പറയുന്നത് ഇതാണ് ക്രൂശിൻ്റെ പങ്കാളിത്തം ഇതാണ് ഈ ക്രൂശിൻ്റെ പങ്കാളിത്തത്തിലേക്ക് വരാനാണ് റോമർ എട്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് നമ്മളോട് പറയുന്നത് പക്ഷേ അതിലേക്ക് വരാൻ ഒരു എളുപ്പവഴി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെ അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവർക്ക് രണ്ടു പേർക്കും എന്തുകൊണ്ട് അവർക്ക് രണ്ടു പേർക്കും ദൈവത്തിൻ്റെ എൽ ഈ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പുത്രൻ്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടാനായിട്ടാണ് അവർക്കത് പ്രയോജനപ്പെടും എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ശരി ഈ കാര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടവരുടെ രണ്ട് ലക്ഷണങ്ങളാണല്ലോ പറഞ്ഞേക്കുന്നത് ഒന്ന് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ രണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർ നമ്മളെല്ലാം വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഇല്ല എഫ് എ സി ആർ ഒന്നാമത്തെ ആയ നാലാമത്തെ വാക്യം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾ നമ്മളെ വിളിച്ചു ശരി പക്ഷേ രണ്ടാമത്തെ കാര്യം എന്താ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലേ നമുക്കെന്ത് പറ്റുകയുള്ളൂ ഈ നിലയിൽ ഈ ക്രൂശി ചുമക്കുന്നത് എളുപ്പമായി തീരുകയുള്ളൂ സന്തോഷത്തോടെ ചെയ്യാനൊക്കെയുള്ളൂ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം കഥ പറയാമെന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊരു കാര്യങ്ങളുമായിട്ട് നിങ്ങൾ പോകണമല്ലോ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം പണ്ട് പണ്ട് ഈ രാജാക്കന്മാരുണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു അവർ ഞാൻ ഇവിടെ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കഥയാണ് പണ്ട് മുതലേ പറയുന്ന കഥയാണ് ഒരുപക്ഷെ പുതുതായിട്ട് വന്നിട്ടുള്ളവർ കേട്ടിട്ടുണ്ടാകുകയില്ല പഴയ ആളുകൾക്കൊക്കെ ഈ കഥയെ അറിയാം അതുകൊണ്ട് പണ്ട് കേട്ടിട്ടുള്ളവർ ദയവായിട്ട് ക്ഷമിക്കണം പുതുതായിട്ടുള്ളവർ കഥ കേൾക്കുക പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ആരുണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു രാജാക്കന്മാർ അങ്ങനെ ഇരുന്ന് നാടൊക്കെ ഭരിച്ചു കഴിയുമ്പോൾ അവർക്ക് ബോറടിക്കും ബോറടിക്കുമ്പോൾ അവരെന്തോ ചെയ്യും നായാട്ടിന് ോക്കണേ പല കാര്യമുണ്ടോ എന്നാലും അവരെല്ലാം കൂടെ നായാട്ടിന് പോകും രാജാവിന് നായാട്ടിന് പോകണം നായാട്ടിന് പോകുമ്പോൾ രാജാവിൻ്റെ സന്തോഷം എന്താ രാജാവ് അവിടെ സിംഹം പുലി കടുവ ഇതിനെയൊക്കെ അമ്പ ഇതോ വെടിവെച്ചോ കൊല്ലണം ഇതിലാണ് ആരുടെ ത സന്തോഷം ഇരിക്കുന്നത് രാജാവിൻ്റെ സന്തോഷം ഇരിക്കുന്നത് രാജാവ് നായാട്ടിന് പോവുക പക്ഷേ രാജാവ് നായാട്ടിന് വനത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഈ മൃഗങ്ങളൊക്കെ എങ്ങനെ വല്ല ടെലിപ്പതിക് മെസ്സേജ് കൊണ്ടാണോ എങ്ങനെ അറിഞ്ഞതെന്ന് അറിയില്ല മൃഗങ്ങളൊക്കെ ഏതെങ്കിലും മാളത്തിൽ ഒഴി പൊന്തക്കാട്ടിൽ പതുങ്ങി നിൽക്കുകയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് ഈ മൃഗത്തെ കണ്ടാലല്ലേ ഇതിനെ എന്തോ ചെയ്യാനൊക്കെ ഉള്ളൂ വെടിവെച്ച് കൊല്ലാനൊക്കെയുള്ളൂ ഈ മൃഗങ്ങളെല്ലാം ഏതാണ്ടോ ഒരറിയിപ്പ് കിട്ടിയതുപോലെ അങ്ങനെ അനങ്ങാതിരിക്കും വല്ല ഒരു മുയലോ വല്ലതും ചാടി അതിനെ ഒന്ന് വെടിവെച്ചെങ്കിലായി ഇത്രയേ ഉള്ളൂ രാജാവിന് തൃപ്തിയില്ല രാജാവിൻ്റെ സന്തോഷം എന്താ വലിയ സിംഹത്തെയും വലിയ കടുവായേയും തന്നെ വെടിവെച്ച് അതിനെയും തന്നെ നായാടി അതിൻ്റെ തോലൊക്കെ ഉരിച്ച് ജയാളിയായിട്ട് തിരിച്ചു വരണമെന്നാണ് രാജാവിൻ്റെ ആഗ്രഹം അപ്പോൾ ഒരു മുയലിനെയോ മാന്നെയോ വെടിവെച്ചേച്ച് വന്ന രാജാവിന് എന്തില്ല സന്തോഷമില്ല അതുകൊണ്ട് രാജാവും നായാട്ടിന് പോകുമ്പം ഈ മൃഗങ്ങളെ അവയുടെ ഗുഹയിൽ നിന്നും അവയുടെ പൊന്തക്കാട്ടിൽ നിന്നും ഉണർത്തി വെളിയിൽ ചാടിക്കാൻ വേണ്ടി കുറച്ച് ചെണ്ടക്കാരെ കൂടെ കൂടെ കൊണ്ടുപോകും ഈ ചെണ്ടക്കാരുടെ പരിപാടി എന്താ ചെണ്ടക്കാർ രാജാവ് ചെല്ലുന്ന നായാട്ടിൻ്റെ ആ സ്ഥലത്ത് ചെന്ന് ആ രാജാവ് ചെല്ലുമ്പം അവരെ ചുറ്റുപാടിൽ നിന്ന് ചെണ്ട കൊട്ടും ചെണ്ട കൂട്ടുമ്പം മൃഗങ്ങളൊക്കെ പേടിക്കും പാവ മൃഗങ്ങൾ അവരിതു കൊല്ലം കേട്ടിട്ടുണ്ടോ അവർ വിചാരിച്ചു ഏതോ ആകാശം ഇടിഞ്ഞ് മറ്റോ ധരിച്ച് ചെണ്ട കൊട്ട് കേട്ട് ഗുഹയിൽ നിന്നും പൊന്തക്കാട്ടിൽ നിന്നും സിംഹങ്ങളും ഒക്കെ പുറത്ത് ചാടും പുറത്ത് ചാടുമ്പം രാജാവ് കൃത്യമായിട്ട് അതിനെ വെടിവെക്കും പത്തെണ്ണത്തേക്കൊന്നും സന്തോഷം തിരിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ രാജാവ് ഈ മൃ ഈ മൃഗങ്ങൾ ചാടുമ്പം രാജാവ് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് ഈ ചെണ്ട കൊട്ടിയ ആളുകൾ അവരില്ലയോ ശല്യക്കാർ മര്യാദയ്ക്കുള്ള ആ കാട്ടിൽ ഈ ചെണ്ട ആളുകളല്ലയോ ശല്യക്കാർ ഒരു രാജാവ് വിചാരിക്കുക യുവന്മാരെ വെടിവെക്കാം എന്ന് രാജാവ് വിചാരിക്കുമോ ഇല്ല രാജാവ് അങ്ങനെ വിചാരിക്കുകയില്ല കാര്യം ഈ ചെണ്ട കൊട്ടിയ ആളുകൾ ആരെ സഹായിക്കുന്നവരാജാവിനെ സഹായിക്കുന്നവരാണ് സഹായിക്കുന്നവരാണ് ഈ ചെണ്ട കൊട്ടിയത് കൊണ്ടാണ് എന്തു പറ്റിയത് ഈ മൃഗങ്ങൾ പുറത്ത് ചാടിയത് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ തമ്പിയുടെ ഹൃദയം എന്നൊരു ട്രാക്റ്റ് കണ്ടിട്ടുണ്ടോ തമ്പിയുടെ ഹൃദയം തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ് വളരെ ലളിതമായൊരു ട്രാക്റ്റുണ്ട് പണ്ട് മിഷണറിമാരോട്ടോ വന്നപ്പം അവരെ തമിഴുമൊക്കെ പഠിച്ച് തമിഴിൽ നിന്നോ അവരെ അവരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് കൊണ്ടു വന്ന ഒന്നാണ് തമ്പിയുടെ ഹൃദയം തമ്പി എന്ന് പറഞ്ഞൊരു കുഞ്ഞ് കർത്താവിനായിട്ട് ഹൃദയം കൊടുത്തു അവൻ്റെ കഥയാണ് അതിൻ്റെ അകത്തൊരു പടമുണ്ട് അതിൻ്റെ ഏതാണ്ട് ഒരു മധ്യ പേജ് ആകുമ്പോൾ തമ്പിയുടെ ഹൃദയം ഇങ്ങനെ വരച്ചു വച്ചിട്ടുണ്ട് ഏഹ് വരച്ചു വെച്ചിട്ട് അവൻ്റെ ചില ദേഷ്യ സ്വഭാവത്തെ കാണിക്കാൻ സിംഹം അവൻ്റെ നികളത്തെ കാണിക്കാൻ മയില് ഏ പീലി പിരിച്ചാടുന്ന മയിൽ അവൻ്റെ ചതി സ്വഭാവത്തെ കാണിക്കാൻ പാമ്പ് ഇങ്ങനെയൊക്കെയുള്ള വന്യമൃഗങ്ങളെ വരച്ചു വച്ചിട്ടുണ്ട് തമ്പിയുടെ ഹൃദയം ഞാൻ ഈ പടം നോക്കി ഒത്തിരി നേരെ ഇരുന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ ഹൃദയം സത്യത്തിൽ ആരുടെ ഹൃദയം പോലെ തമ്പിയുടെ ഹൃദയം പോലെ തമ്പി കർത്താവിനെ സ്വീകരിച്ചു പക്ഷേ തമ്പിയുടെ ഹൃദയത്തിൽ ഇപ്പോഴും എന്തുണ്ട് ചില സിംഹവും ചില മയിലും ചില പാമ്പുമുണ്ട് ഇത് പക്ഷേ സാധാരണ ദിവസങ്ങളിൽ തമ്പിക്ക് കാണാനൊക്കുമോ ഇല്ല കാണാൻ ഒക്കെ ഇല്ല അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയുള്ളു എന്നാൽ ഇടയ്ക്ക് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ചെണ്ട കൂട്ടുമ്പോൾ എന്തോ പറ്റും സിംഹമൊക്കെ എടുത്ത് ചാടും നമ്മുടെ അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെണ്ട കൂട്ടിയ ആളിനെയല്ല ലക്ഷ്യം വെക്കേണ്ടത് മറിച്ചതിനെ ലക്ഷ്യം വെക്കേണ്ടത് ആ സിംഹത്തെയാണ് ലക്ഷ്യം വെക്കേണ്ടത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ട്രാഫിക് ബ്ലോക്കിലൂടെ പോകുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചും ഒക്കെ വളരെ സാവധാനവും വണ്ടി ഓടിക്കുകയുള്ളൂ അങ്ങനെ ഓടിച്ചു പോകുമ്പം ആരോ ഒരു കൊച്ചൻ ഓടി അവൻ വണ്ടി കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയുടെ പുറകിലിടിച്ചു ഇടിച്ചെച്ച് അവനൊന്നും സംഭവിക്കാത്ത പോലെ ഇച്ചിരി പുറകോട്ട് മാറ്റി അപ്പോൾ എനിക്ക് റിവർവ്യൂയിലൂടെ കാണാം നമ്മളെന്താ ചെയ്യേണ്ടത് ഉടനെ ഇറങ്ങി നിനക്കൊക്കെ കണ്ണില്ലേടോ എന്തോ നോക്കിയാ വണ്ടി ഓടിക്കുന്നത് നിനക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് തന്നതാരാണ് അവരെ അവരുടെ പൂർവികന്മാരെ എനിക്കൊന്നും അറിയേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത് അപ്പോൾ എന്തായത് ആ കൊച്ചൻ്റെ നേരെയാണോ നമ്മൾ വെടിവെക്കേണ്ടത് അവനെന്ത് അപ്പോൾ എൻ്റെ മനസ്സിലൊരു അസ്വസ്ഥതയുണ്ടായി അലോസനുണ്ടായി എൻ്റെ വണ്ടി ഒന്ന് എൻ്റെ റൈറ്റ് ഞാൻ സൂക്ഷിച്ചു പോന്നപ്പോൾ അവർ സൂക്ഷിച്ചു പോരേണ്ടതായിരുന്നു അവനവൻ്റെ കാര്യം നോക്കിയില്ല അവനാണ് കുറ്റവാളി ഞാൻ നീതിമാൻ രണ്ട് എൻ്റെ വണ്ടിയുടെ പ്രശ്നം ആര് പരിഹരിച്ചു തരും ഇതിനൊക്കെ നീതിന്യായവും ഇല്ലേ അങ്ങനെയൊക്കെ ഒത്തിരി നീതിബോധങ്ങളും പ്രത്യേകിച്ചും ഈ പത്രസ്ഥാപനം പോലെ അവിടെ എന്താ അവിടെ എല്ലാം വളരെ നീതിയായിട്ട് എല്ലാത്തിനും നീതിക്ക് ന്യായത്തിനു വേണ്ടി ബാധിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇങ്ങനെ വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് എനിക്ക് വളരെ നീതിബോധമുള്ള ഒരാളാണ് അപ്പം എൻ്റെ മനസ്സിൽ നിന്ന് വളരെ നീതിബോധങ്ങളും ഒക്കെ ഉണർന്നു വരിക അപ്പോൾ ദൈവം അപ്പോൾ എന്താ എന്താ മനസ്സിലായത് നിനക്ക് നിൻ്റെ വണ്ടി എന്താ വണ്ടി ഇപ്പോഴും ഒരു വിഗ്രഹമാണ് അതിനൊരു പോറൽ പോലും ഏൽക്കുന്നത് നിനക്ക് സഹിക്കുന്നില്ല അത് കാണിച്ച് തന്ന ആ ചെണ്ടക്കാരനാണ് ആ കൊച്ചൻ ഞാൻ ചെണ്ടക്കാരനെ വെടിവെക്കണോ അതോ ഈ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന അസ്വസ്ഥതയെ വെടിവെക്കണോ എന്നെ ഒരു കാര്യത്തിനായിട്ട് വിളിച്ചിരിക്കുക കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക അവൻ്റെ ഭാവം തന്നെ ഉണ്ടായിരിക്കുക ഇതാണെങ്കിൽ ഇതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഇതാണ് എൻ്റെ ടോപ്പ് പ്രയോറിറ്റിയെങ്കിൽ ഞാൻ എൻ്റെ മറ്റുള്ളവർ പെരുമാറുന്ന പോലെയല്ല ഞാൻ പെരുമാറുക എന്നോട് ദേഷ്യപ്പെടുന്ന ഒരാൾ എന്നെ ഫോണിൽ വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരാൾ ആ ആളിനെ കാണുമ്പം എനിക്ക് സത്യത്തിൽ അവരെ ചെണ്ടക്കാരെ പോലെയാണ് തോന്നുന്നത് അവർ ചെണ്ട കുട്ടിയത് കൊണ്ടാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ നിലയിലുള്ള അസ്വസ്ഥതകളും ഈ നിലയിലുള്ള ദേഷ്യങ്ങളും ഒക്കെ പുറത്ത് ചാടിയത് പുറത്ത് ചാടിയപ്പം ഞാനിപ്പം ആരെ വെടിവെക്കണം ഈ ദേഷ്യത്തെയാണ് വെടിവെക്കേണ്ടത് കാരണം എന്നെ വിളിച്ചേക്കുന്നത് എന്തിനു വേണ്ടിയാ എന്നെ വിളിച്ചേക്കുന്നത് അവൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനാണ് ഞാനിങ്ങനെയൊക്കെ പറയുമ്പം പറയും ബ്രദറിന് ഇങ്ങനെയൊക്കെ പുൽപ്പിറ്റി നിന്ന് ഇങ്ങനെയൊക്കെ പറയാം പക്ഷേ പ്രായോഗിക ജീവിതത്തെയും ഞങ്ങളല്ലേ വണ്ടിയെ വന്നിടിച്ചു നമ്മളൊന്നും ഇണ്ടാതെ പച്ചവെള്ളം ചവച്ച് ഓടിച്ചെച്ച് പോകുന്ന പോലെ പോയാൽ മതിയോ അല്ലെങ്കിൽ വേറൊരു കാര്യം വരുമ്പോൾ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ നമ്മളെ മോശപ്പെടുത്തുമ്പോൾ ഈ കാര്യം അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ പറയുന്നത് എന്താ സഹോദരാ സഹോദരനീ പറയുന്ന പോലെ ക്രൂശ് എടുക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല എളുപ്പമുള്ള കാര്യമല്ല നമ്മളവിടെ ചെന്തോ പറ്റും നമ്മളങ്ങ് അങ്ങ് അങ് ഞരിങ്ങിപ്പോകും നമ്മളങ്ങ് ഒതുങ്ങിപ്പോവും അയ്യോ എല്ലാവരും കൂടെ എന്നെ അങ്ങ് ഉപദ്രവിച്ചു നമ്മളൊരു എരയായി പോയതുപോലെയും ഒക്കെ അങ്ങ് നമുക്കങ്ങ് തോന്നും ശരി അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ആ ഒരു ക്രൂശിനെ നമുക്കെങ്ങനെ അനുഭവിക്കാനൊക്കെ ഉള്ളൂ റോമറിട്ടിൻ്റെ ഇരുപത്തെട്ടിൽ നമ്മൾ ദൈവത്തെ പിൻപറ്റുന്നതിന് രണ്ട് രണ്ട് ലക്ഷണങ്ങൾ പറഞ്ഞു അതിൽ ഒരു ലക്ഷണം എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞു നിർണയപ്രകാരം വിളിക്കുക എന്നുള്ളത് നമ്മളെ രണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന അളവിലേ നമുക്ക് ഈ ക്രൂശ് എടുക്കുന്നത് എന്തായി തീരുവുള്ളൂ എളുപ്പമായി തീരുവുള്ളൂ ഇതിൻ്റെ വിഷമം മാറുന്നത് ഏതിലാണ് കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് കർത്താവിനോട് ഈ കർത്താവിനോടുള്ള സ്നേഹം ആ സ്നേഹമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ അരിഷ്ടമായ ജീവിതമായിരിക്കും നമുക്ക് ലോകമനുഷ്യരെ പോലെ പെരുമാറാനും നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി കയ്പ്പും വിഷമവും നമ്മളൊത്തിരി എരയായിപ്പോയതുപോലെയും ഒക്കെ നമുക്ക് തോന്നും നമ്മളൊരരിഷ്ടരായ മനുഷ്യരായിപ്പോവും പ്രിയപ്പെട്ടവര് നമ്മളെ അരിഷ്ടരായ മനുഷ്യരാക്കാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചേക്കുന്നത് അല്ല അല്ല അല്ല നമ്മളെ സന്തോഷമുള്ള ആളുകളായിട്ടായിരിക്കാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഈ ക്രൂശിനെ എങ്ങനെ നമുക്ക് സന്തോഷത്തോടെ സഹിക്കാനൊക്കും അതിനൊരൊറ്റ പോം വഴിയേ ഉള്ളൂ കർത്താവിനോടുള്ള സിംപിൾ പ്യുവർ ഡിവോഷൻ അതുകൊണ്ടാണ് അവിടെ ആദ്യ സ്നേഹത്തിന് ഇത്രയേറെ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും ആവശ്യക്കാര നമുക്ക് കർത്താവിനോട് പറയാം നമുക്ക് കുറച്ച് തിയോളജിയോ കുറച്ച് കാര്യങ്ങളോ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല പ്രായോഗിക ജീവിത സാഹചര്യത്തിൽ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് അങ്ങനെ ആ ക്രൂശാനുഭവം അറിഞ്ഞ് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ പങ്കാളിത്തം അറിഞ്ഞ് ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയേ നമുക്കങ്ങനെ പോകാനായിട്ടൊക്കെയുള്ളൂ ശരി ദൈവത്തോടുള്ള സ്നേഹം ഇനിയും എങ്ങനെ ഉണ്ടാക്കാം കണ്ടോ ഒരു കാര്യം എല്ലാം ഒരു തലവേദന പോലല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് ഏഹ് സ്നേഹം വേണം ഓ ഇനി ഈ സ്നേഹം എവിടെ നിന്ന് കിട്ടും ഇത്രമോ സ്നേഹത്തെ എന്നൊരു പാട്ട് പാടിയാൽ കിട്ടും എങ്ങനെ കിട്ടും ഈ സ്നേഹം എങ്ങനെ കിട്ടും സ്നേഹമായി ഇതിനെല്ലാം പോകാൻ വഴിയെന്ന് പറഞ്ഞു ബ്രേറെ പ്രസംഗം നിർത്തി പോകുന്നതിന് മുമ്പ് ഈ സ്നേഹം എങ്ങനെ കിട്ടുമെന്നൂടെ പറഞ്ഞു പോയില്ലെങ്കിൽ ഈ പറയുന്നതിനൊന്നും ഒരർത്ഥവുമില്ല ഞാനതുകൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം റോമർക്കെഴുതിയ ലേഖനം റോമർക്കെഴുതിയ ലേഖനം അഞ്ചാമധ്യായം അഞ്ചാമധ്യായം അഞ്ചാമത്തെ വാക്യം പ്രത്യാശിക്കോ വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നല്ലോ നമ്മളിതിൻ്റെ ഒത്തിരി തിയോളജി മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രാജാവ് വേട്ടയാടാൻ പോകുന്ന കഥ ആവർത്തിച്ച് പത്ത് തോട്ടം എഴുതി അല്ലെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ടൊന്നും നമുക്കെന്ത് കിട്ടുകയില്ല നമുക്ക് സ്നേഹവും കിട്ടുകയില്ല മറിച്ച് സ്നേഹം തരുന്നതും ആരേ തരുള്ളൂ സ്നേഹവാനായ ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ പകരാനായിട്ട് കഴിയുള്ളൂ അവിടുന്ന് എങ്ങനെ അത് പകരും പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകരും സഹോദരി നീ കുടുംബജീവിതത്തിൽ ദൈവം നിനക്ക് തന്നിട്ടുള്ള ജീവിത പങ്കാളിയെ വേണ്ടതുപോലെ സ്നേഹിക്കാൻ ഉക്കുന്നില്ല പലപ്പോഴും പ്രായമൊക്കെ ആകുമ്പം വർഷങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ ആദ്യ സ്നേഹത്തിൽ ഒത്തിരി കുറവുണ്ടാകും ഇവർ രണ്ടുപേരും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് മുപ്പത്തഞ്ച് കൊല്ലമായി ആദ്യം കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഒത്തിരി പൈസയൊന്നും കയ്യിലില്ല ഒത്തിരി കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ അവർ തമ്മിൽ ഒരു ലളിതമായ ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ ഉണ്ടായിരുന്നു ഇല്ലേ ഇന്നിപ്പം മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞു കുട്ടികളായി കൊച്ചുമക്കളായി നിനക്ക് സഹോദരി നിനക്ക് നിൻ്റെ ജീവിത പങ്കാളിയെ പഴയതുപോലെ ആ ആദ്യ സ്നേഹം അതുപോലെ എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പക്ഷേ അതിന് ശ്രമിക്കുമ്പോൾ എന്താ ഇദ്ദേഹത്തിൻ്റെ മൂച്ചേട്ട ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നിന്നെ അകറ്റി നിർത്തുക ഇല്ലേ നിനക്കെന്താണ് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവാണ് വേണ്ടത് സഹോദരൻ നീ വിചാരിക്കുക നിൻ്റെ അയൽക്കാരൻ ആ അയൽക്കാരൻ്റെ പോലൊരു ശല്യക്കാരനെ ഈ ലോകത്ത് കണ്ടിട്ടില്ല അയാൾ എന്തെല്ലാം കുഴപ്പങ്ങളാണ് കാണിക്കുന്നത് ഇയാളെയൊക്കെ എങ്ങനെ സ്നേഹിക്കാൻ നോക്കും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഓഫീസിലെ മേലധികാരി നമുക്കിട്ട് സദാ ഉപദ്രവം ചെയ്യുന്ന ആൾ അയാളെ എങ്ങനെ സ്നേഹിക്കാൻ നോക്കും ഞായറാഴ്ച കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടു പോയാൽ മതി കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക ക്രിസ്തുവശൂലുള്ള ഭാവം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ പ്രായോഗിക ജീവിത സാഹചര്യത്തിൽ കുടുംബത്തിലും ഓഫീസിലും വഴി ബെസ കയറുമ്പോഴുമൊക്കെ എന്താ ഇതാ നിരന്തരം ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു സഹോദര സഹോദരി ഒരൊറ്റ പോൻ എനിക്ക് പറഞ്ഞ് തരാനേ ഉള്ളൂ അതെന്താ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടുക കർത്താവിനോട് പറയുക കർത്താവേ എനിക്കിത് പറ്റുന്നില്ല നീ തന്നെ എന്നെ സഹായിക്കണം ബ്രദറ് പറഞ്ഞ് അവസാനിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ് ഇതിന് മറുപടി എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് അവിടെ തന്നെയാണ് ഞാനും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനാലല്ലാതെ ഈ ആ ഈ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പകരാനായിട്ട് കഴിയുകയില്ല ആ ദൈവസ്നേഹത്തിലല്ലാതെ നമുക്കിവരോടാരോടും ക്ഷമിക്കാനോ സഹിപ്പാനോ കഴിയുകയില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യമെന്താ ആത്മാവാണ് നമ്മുടെ ആവശ്യം നമുക്ക് ദൈവസനെ എഴുന്നേറ്റ് നോക്കി നമ്മൾ കേട്ട കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ വീണ്ടും ഉണ്ടായവറക്കുകയും ചെയ്താലും